നോക്കുക കർത്തർമേശയോടുള്ള ബന്ധത്തിൽ ഒന്ന് കുരിന്ത്ർ പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നു അതിൻ്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ പൗലോസ കുരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുകയാണ് ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്കേൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു അവ എണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്നാ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും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 പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ മേശയോട് അടുത്ത് വരുമ്പോൾ സാധാരണ വായിക്കാറുള്ള വാക്യങ്ങളാണ് ഇത് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് കേട്ടല്ലോ നാം തന്നെത്താൻ വിധിക്കണം തന്നെത്താൻ ശോധന ചെയ്യണം തന്നെത്താൻ താഴ്ത്തണം കർത്താവിൻ്റെ ഭാവം തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം കർത്താവിനെ നോക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ ഒരു പ്രാഗല്ഭ്യവും സന്തോഷവുമാണോ വരുന്നത് അതോ അതോ ഞാൻ ഞാൻ മഹാമോശമാണ് എന്നെ കൊണ്ടൊന്നും കൊള്ളുകയില്ല ഇതിനൊന്നും ഞാനൊരു അർഹനല്ല എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടേതുപോലൊരു സഭയിൽ എപ്പോഴും നമ്മൾ ഒരു പൂർണ്ണതയെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെയും അത് മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോഴുമൊക്കെയും തന്നെത്താൻ വിധിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴുമൊക്കെയും അത് നമ്മളെ നമ്മുടെ ധൈര്യം ചോർന്നു പോകാനായിട്ട് ഇടയാക്കരുത് മാനസാന്തരം അത് വേണം തന്നെത്താൻ വിധിക്കുന്നത് വേണം അപ്പോൾ തന്നെ എപ്പോഴാണ് നമുക്ക് തന്നെത്താൻ വിധിക്കാൻ ഒക്കാതെ എപ്പോഴാണ് നമുക്ക് പിന്നെയും പിന്നെയും മാനസാന്തരപ്പെടാൻ ഒക്കാതെ വരുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി ആ വീട്ടിലായിരുന്നു ഭാര്യയോട് കോപിച്ച് സംസാരിച്ചു ഓ മാനസാന്തരപ്പെട്ടു ക്ഷമ പറഞ്ഞു അടുത്ത ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞില്ല പിന്നെയും എന്തോ പറ്റി പിന്നെയും അതുതന്നെ സംഭവിച്ചു എന്നാൽ ശരി ഇതെങ്ങനെങ്കിലും ശരിയാകണമല്ലോ എന്ന് വിചാരിച്ചു ഒരാഴ്ചക്കടേ പലവട്ടം വീഴുകയും പലവട്ടം മാനസാന്തരപ്പെടുകയും ചെയ്തു ഈ ഒരു കാര്യം ഇത് ഇതായി യാഥാർത്ഥ്യം നമ്മുടെ പലരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ദൈവവചനം നമ്മളോട് പറയുന്നു മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കാൻ പറയുന്നു തന്നെത്താൻ താഴ്ത്തിക്കൊണ്ടിരിക്കാൻ പറയുന്നു ക്ഷമ ചോദിക്കേണ്ടടുത്ത് ക്ഷമ ചോദിക്കാൻ പറയുന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സാധാരണ സാധാരണ വളരെ സെൻസിറ്റീവായ അല്ലെങ്കിൽ ഈ കാര്യത്തെ സത്യസന്ധതയോടെ എടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് പിശാജ് ഒരു നിരുത്സാഹം കൊണ്ടുവരാനായിട്ടുള്ള വലിയൊരു സാധ്യതയുണ്ട് എന്നുവെച്ചാൽ ഇതൊക്കെ ശരിയാകും ഇരിക്കും പക്ഷെ നിന്നെ സംബന്ധിച്ചിതൊന്നും ശരിയാകാൻ പോകുന്നില്ല നീ ഇപ്പം എത്ര വട്ടമാണ് പിന്നെയും പിന്നെയും വീണിരിക്കുന്നത് പിന്നെയും പിന്നെയും കർത്താവിൻ്റെ അടുത്ത് എന്ന് മാനസാന്തരപ്പെടുന്നതെന്ന് പറഞ്ഞു നീ ഇതിനെന്നാ ഒരു അവസാനം വേറെ ചില വിശുദ്ധന്മാരായ ആളുകൾക്കൊക്കെ പാപത്തിൻ്റെ മേൽ ജയവും എല്ലാ കാര്യവും ഭംഗിയായിട്ട് ചെയ്യാനും ഒക്കും നിനക്കിതൊന്നും ഒക്കുകയില്ല എന്നൊരു നിരുത്സാഹം ഇതോട് ചേർത്ത് പിശാചു കൊണ്ടുവരാൻ ഒരു സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു നിരുത്സാഹം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ അതാണ് പിന്നെയും മാനസാന്തരപ്പെടാൻ നമുക്ക് തടസ്സമായി തീരാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ നമ്മൾ ദൈവസന്നിധിയിൽ വളരെ ഷാർപ്പായിട്ട് ദൈവജനം കേൾക്കുന്നു നമ്മുടെ ഹൃദയത്തിലേക്ക് അതൊരു ഈ കാര്യം ഇങ്ങനെ ചെയ്താൽ പോരാ എന്നൊരു ബോധ്യം നമുക്ക് ലഭിക്കുന്നു ആ ബോധ്യത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് എന്ന കഴുകൽ പ്രാപിച്ചു കഴിഞ്ഞു എന്നാൽ ഓരോ തവണ കഴുകൽ പ്രാപിച്ചു കഴിയുമ്പോഴും അത് നമ്മുടെ ധൈര്യം ചോർത്തിക്കളയാണ് ചെയ്യുന്നത് പിശാജ് പലപ്പോഴും അങ്ങനെ നമ്മുടെ ധൈര്യവും പ്രാഗല്ഭ്യവും ചോർത്തിക്കളഞ്ഞ് ചോർത്തിക്കളഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പിന്നൊരു വചനം കേട്ടാലും നമുക്ക് പണ്ടത്തെപ്പോലെ മാനസാന്തരപ്പെടാനൊക്കുകയില്ല കാര്യം നമ്മൾ പെട്ടെന്ന് വിചാരിക്കൂ ഓ ഞാൻ എത്ര വട്ടം മാനസാന്തരപ്പെട്ടതാണ് ഇത് ശരിയാകാൻ പോകുന്നില്ല ഇതാണ് പിശാജ് കൊണ്ടുവരുന്ന ഒരു വഞ്ചന പ്രിയപ്പെട്ടവര് നമ്മൾ നമ്മൾ ഇതിനെക്കുറിച്ച് എന്താ പറയുക ആകെയാലും ഇതിനെക്കുറിച്ച് എന്താ പറയുക അതുകൊണ്ട് മാനസാന്തരപ്പെടേണ്ട ഒരു വചനം കേട്ടാലും ഒന്നും വേണ്ട എന്നാണോ അല്ല അല്ല നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഉറച്ച ഒരു ബോധ്യമുണ്ട് ഒരു അടിത്തറയുണ്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അതെന്താ അത് നമ്മളെ നമ്മളെ ദൈവം സ്നേഹിച്ചത് ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നൊക്കെ നമ്മൾ വളരെ മനോഹരമായിട്ട് ദൈവ സ്നേഹം തന്നെയാണ് എന്നൊക്കെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് ഫിത്തിയിലൊക്കെ തൂക്കിയൊക്കെ ഇടും ഗോഡ് ഈസ് ലവ് എന്നൊക്കെ എഴുതി വയ്ക്കും ഒന്ന് യോഹൻ ഞാൻ നാലാമധ്യായം നാലാമധ്യായത്തിൽ നമ്മൾ കാണുന്നു ദൈ അവൻ സ്നേഹം തന്നെയാണ് ദൈവസ്നേഹം തന്നെയാണ് പതിനാറാമത്തെ വാക്യം അതിൻ്റെ മധ്യഭാഗം ദൈവസ്നേഹം തന്നെ ദൈവസ്നേഹമാ നമ്മളെ സ്നേഹിച്ചു നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദൈവത്തിന് സ്നേഹിക്കാതെ സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ അങ്ങനല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവന് ദുഷ്ടതയെ ദ്വേഷിച്ചു എന്ന് കാണുന്നുണ്ട് അപ്പം ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും വെറുക്കാനും കഴിയും വെറുക്കാനും കഴിയും നമ്മൾ വിചാരിച്ച ദൈവത്തെ അങ്ങനെ അങ്ങ് ദൈവ സ്നേഹം മാത്രമായിട്ടങ്ങ് സെറ്റ് ചെയ്ത് വച്ചേക്കുക അതുകൊണ്ട് നമ്മളെ അങ്ങ് സ്നേഹിച്ചു പോയതാണ് എന്നാണ് നമ്മൾ കരുതുന്നത് എന്ന അങ്ങനെയല്ല അവിടെ നിന്തു ചെയ്തിട്ടുണ്ട് ദുഷ്ടതയെ ദ്വേഷിച്ചിട്ടുണ്ട് സങ്കീർത്തനം പതിനൊന്നിലേക്ക് വരുമ്പോൾ അവന് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നോക്കുക ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു ദൈവത്തിനപ്പം വെറുക്കാനൊക്കും ചിലതിന് പാപത്തെ തനിക്ക് കാണാനൊക്കുകയില്ല അല്ലാതെ എല്ലാത്തിൻ്റെ മുമ്പാകെ പാപമാകട്ടെ ശരിയാകട്ടെ എല്ലാത്തിൻ്റെ മുമ്പാകെ സ്നേഹം മാത്രം നൽകാൻ കഴിയുന്ന ഒരാളായിട്ടല്ല നമ്മൾ ദൈവത്തെ കാണേണ്ടത് മറിച്ച് പിന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ അറിയേണ്ടത് ദൈവം നമ്മളെ സ്നേഹിക്കാനായിട്ട് താനെങ്ങനെ ചൂസ് ചെയ്തിരിക്കുന്നു താനെങ്ങനെ തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മളറിയേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്തു ചെയ്യുന്നില്ല നമ്മളെ വെറുക്കുന്നില്ല ദൈവം സ്നേഹമാണ് നമ്മളോടുള്ള ബന്ധത്തിൽ സ്നേഹമാണ് അതെങ്ങനെയാണ് അങ്ങനെ ആയിരിക്കുന്നത് കാരണം ദൈവം നമ്മളെ സ്നേഹിക്കാനായിട്ട് താൻ അങ്ങനെ അങ്ങ് ചൂസ് ചെയ്തിരിക്കുക കാരണം തനിക്ക് അങ്ങനെ അല്ലാതെ ഒക്കുകയില്ല എന്തുകൊണ്ടാത് കാരണം നമ്മളവിടുത്തെ മക്കളാണ് എന്നുള്ളത് ദൈവത്തിന് നമ്മളെ സ്നേഹിക്കാതിരിക്കാൻ ഒക്കുകയില്ല ഒരു ബന്ധമാത് ബന്ധമാണ് എനിക്ക് മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചുമോളുണ്ട് ഏ ഈ കുഞ്ഞ് എല്ലാം പെർഫെക്റ്റായിട്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നതുകൊണ്ടാണോ ഞാൻ അതിനെ സ്നേഹിക്കുന്നത് പലപ്പോഴും അങ്ങനെയല്ല പലപ്പോഴും അങ്ങനെയല്ല നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് കാർപ്പറ്റായൽ മൂത്രമൊഴിക്കും ആ കുഞ്ഞു മൂത്രം ഒഴിച്ചു തെറ്റായിട്ട് ചെയ്തു ഇതുകൊണ്ട് കുഞ്ഞിൻ്റെ തെറ്റും ശരിയും നോക്കിയല്ല നമ്മൾ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് മറിച്ച് എന്താ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് കുഞ്ഞുങ്ങൾ ചിലപ്പം നമ്മളെ നാണം കെടുത്ത് നമ്മൾ വലിയ കാര്യത്ത് സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ ആ മോളെ ആ നേഴ്സറി പാട്ട് ഒന്ന് പാടിയേ അന്നേരം പൂച്ചയ്ക്ക് കയറി ഇട്ടപോലെ പാടുകേയില്ല നമ്മളെ നാണം കെടുത്തിക്കളി ആ ഇവള് ഞാൻ പറഞ്ഞിട്ട് പാട്ട് പാടിയില്ല എന്നെ നാണം കെടുത്തി അതുകൊണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുകയല്ല എന്നാണോ അല്ല അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുട്ടിയുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചല്ല പിതാവിൻ്റെ സ്നേഹം ഇരിക്കുന്നു ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു അടിത്തറ പോലെ നിന്നിട്ടേ നമ്മൾ നിരന്തരം മാനസാന്തരപ്പെടുന്നതിനെക്കുറിച്ച് കേൾക്കാവൂ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ എന്തു പറ്റിപ്പോകും നമുക്ക് നമുക്കിതൊരു നിരുത്സാഹം കൊണ്ടുവരാം നമ്മൾ നമ്മുടെ ജീവിതത്തിലെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നാൽ ഞാൻ നിങ്ങളോട് പറയാം അത് നടക്കാൻ പോകുന്നില്ല നടക്കാൻ പോകുന്നില്ല വിചാരിക്കുക ഞാൻ ഈ കുട്ടികളുടെ മീറ്റിങ്ങിൽ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട് ഒരു ചെറുപ്പക്കാർ വലിയ ഉത്സാഹത്തോടെ മീറ്റിങ്ങിന് വന്നു മീറ്റിങ്ങിന് വന്നപ്പം പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പം ഇനി ചെറുപ്പക്കാർക്കൊക്കെ എണ്ണീറ്റ് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചെറുപ്പക്കാരനൊരു ഒത്തുവാക്യൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് ദൈവം സ്നേഹം തന്നെ എന്നൊരു വാക്യമൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് ഇന്ന് എണ്ണീറ്റ് സാക്ഷ്യം പറയണം എന്ന് വിചാരിച്ച വിരലൊക്കെ അവിടെ വെച്ച് പുസ്തകമൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചപ്പോഴാണ് അവൻ എണ്ണീക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ മനസ്സിലൊരു ചിന്ത നീ നീ എന്നാ ചെയ്യാൻ പോവുക അപ്പോൾ അവൻ പറയുക ഞാൻ സാക്ഷ്യം പറയാൻ പോവുക സൗരം പറഞ്ഞല്ലോ എല്ലാവരും ഉണ്ണിട്ട് സാക്ഷ്യം പറയാൻ പോകാൻ അപ്പോൾ ഉടനെ മനസ്സിൽ പിന്നെയും ചിന്ത നീയല്ലയോ കഴിഞ്ഞ ദിവസം ഇന്ന തെറ്റ് ചെയ്തത് അതെ ഞാൻ ആ തെറ്റ് ചെയ്ത് ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്തു തെറ്റു ചെയ്തെങ്കിൽ ഞാൻ മാനസാന്തരപ്പെട്ടു അപ്പോൾ പിശാജ് പിന്നെയും ചോദിക്കുക നീ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ആഴ്ച തന്നെ എത്രാമത്തെ വട്ടമായി മാനസാന്തരപ്പെട്ട് അപ്പോൾ ആവശ്യം ചിന്തിക്കുക അത് ശരിയാണല്ലോ ഈ ആഴ്ച തന്നെ ഒരു പത്ത് വട്ടമെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ട് അപ്പം പത്ത് വട്ടം പിന്നെയും പിന്നെയും ദൈവത്തെ പരാജയപ്പെടുത്തിയ നീ ഇപ്പോഴെഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞാൽ നീ മറ്റുള്ളവരുടെ മുമ്പാകെ എന്താ ഒരു മാനം തേടുകല്ലയോ നീ ഒരു പെർഫെക്റ്റായ ആളാണെന്നൊരു കാര്യം ആളുകളുടെ മുമ്പിൽ പറയാൻ വേണ്ടിയല്ലേ സത്യത്തെ നീ ഈ സാക്ഷ്യം പറയാനായിട്ടിരുന്നത് പിശാജി ചോദിക്കുക അപ്പോൾ അവൻ ചിന്തിച്ചു ചിലപ്പോൾ അത് ശരിയായിരിക്കും ചിലപ്പോൾ അത് ശരിയായിരിക്കും ഞാൻ എഴുന്നേറ്റ് സാക്ഷ്യം പറയണം ഇങ്ങനൊന്നും ചിന്തിച്ചില്ല ഇങ്ങനെയൊന്നും ഞാനിതിനെ ചിന്തിച്ചില്ല എന്നാലും ഇപ്പോൾ ഈ കാര്യം വന്നപ്പോൾ ഒരു ആളുകളുടെ മാനം തേടാനുള്ള ഒരു ശ്രമമായിരിക്കും ഇത് ഉടനെ പിശാജ് പിന്നെയും ചോദിക്കുന്നു അപ്പോൾ സത്യസന്ധനായിട്ടിരിക്കണേ നീ എന്തോ ചെയ്യണം ആളുകളുടെ മാനം തേടേണ്ടായെങ്കിൽ എന്തോ വേണം അവൻ പറയുന്നു സാക്ഷ്യം പറയാതങ്ങിയിരിക്കുക ആ അതാ വേണ്ട അതാ വേണ്ട ഓക്കെ അവൻ തീരുമാനിക്കുന്നു അപ്പോൾ ഒത്തുവാക്കിയൊക്കെ എടുത്ത് വെച്ചതാ അവനെന്ത് വിചാരിച്ചു ഇന്ന് ഞാൻ സത്യസന്ധനായിട്ടിരിക്കാൻ വേണ്ടി ഇന്ന് സാക്ഷ്യം പറയുന്നില്ല ഉടനെ പിശാജ് അത് കഴിഞ്ഞ് സാക്ഷ്യത്തിൻ്റെ സമയം കഴിഞ്ഞ് എല്ലാവരും ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറയുന്നു അന്നേരം ഇവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പിശാജ് ചോദിക്കുന്നു അല്ല നീ സാക്ഷ്യം പറഞ്ഞില്ല പക്ഷെ നീ ഇപ്പം കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ നീ ആളുകൾക്ക് കൊടുക്കാൻ പോകുന്ന ഒരു ഇമ്പ്രഷൻ എന്താ നീ വളരെ പൂർണ്ണമനസ്കനായ ഒരു ചെറുപ്പക്കാരനാണ് എന്നൊരു ധാരണയല്ലേ കൊടുക്കാൻ പോകുന്നത് ആ ധാരണ ശരിയാണോ അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ അത് ശരിയാണെന്നല്ലോ ഞാൻ അത ഇതേവരെ ചിന്തിച്ചില്ല അപ്പോൾ പിശാചി ചോദിക്കുന്നു അതുകൊണ്ട് നീ ഇപ്പം എന്താ വേണം അപ്പം അവൻ പറഞ്ഞു ഞാൻ കൈ ഉയർത്തുകയും വേണ്ട പ്രാർത്ഥിക്കുകയും വേണ്ട ശരി ശരി അന്നത്തെ മീറ്റിങ് കഴിഞ്ഞു അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ അവസാനം ആരാച്ചിരിക്കുന്നത് പിശാജാണോ ദൈവമാണോ ഇച്ചിരിക്കുന്നത് ഓക്കെ സഹോദര സഹോദരി നീ ഞാനും പെർഫെക്റ്റ് അല്ല പെർഫെക്റ്റ് അല്ല പക്ഷേ നമ്മൾ പെർഫെക്റ്റായിട്ട് ദൈവത്തെ സാക്ഷിക്കാമെന്നോ പെർഫെക്റ്റ് ആയതിന് ശേഷം ദൈവത്തെ സ്തുതിക്കാമെന്നോ വിചാരിച്ചിരുന്നാൽ പിശാചെന്ത് ചെയ്യും പിശാജ് സമർത്ഥനായതുകൊണ്ട് ആ കാര്യം മാത്രം നടക്കാതെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കളയും ഞാൻ പറഞ്ഞു തന്നത് ഇന്നിപ്പം തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിലേക്ക് കൈനീട്ടാൻ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓ എന്നാൽ ഇന്ന് എൻ്റെ കാര്യം ശരിയായിട്ടില്ല ഇന്ന് അങ്ങ് കർത്തൃമേശയിൽ നിന്ന് അങ്ങ് അടുത്ത അടുത്ത കർത്തൃമേശ ഒന്ന് അടുത്ത കർത്തൃമേശ വരുമ്പോൾ പിന്നെ നിൻ്റെ പ്രാഗൽഭ്യം ഇന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ താഴെയാണ് അയ്യോ കഴിഞ്ഞ ആഴ്ച എനിക്കെടുക്കാൻ പറ്റിയില്ല ഈ ആഴ്ച ഈ ഒരു മാസത്തിനിടെ എൻ്റെ കാര്യം കൂടുതൽ കുഴപ്പമായി ഭർത്താവിനോട് പലവട്ടം ദേഷ്യപ്പെട്ടു കുഞ്ഞുങ്ങളെ തല്ലി കൊച്ചിനെ എടുത്ത് അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വന്നു ആ ഈ ആഴ്ചയും വേണ്ട ഈ തവണയും വേണ്ട ഇങ്ങനെ പോയി പോയി പോയി പോയി പോയി ഫലത്തിൽ ആരാ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ചിന്ത തന്നെയാണ് പക്ഷെ വിശുദ്ധിയെക്കുറിച്ചുള്ള നിൻ്റെ ആ ചിന്ത തന്നെ നിന്നെ ചതിക്കാനായിട്ട് പിശാജ് ഉപയോഗിക്കാം കാര്യം അവൻ തന്ത്രശാലിയാണ് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത് അതുകൊണ്ട് ഇതൊന്നൊക്കെ കേട്ടാലും ഓ ഇതൊന്നും സാരമില്ല ആരാണ് ഇത്ര വിശുദ്ധർ നമുക്കും ഇതൊക്കെ എടുക്കാം എന്നാണോ അല്ല അല്ല അല്ല മറിച്ച് നമുക്ക് ഓരോ തവണയും ഫ്രഷായിട്ട് ദൈവസന്നിധി ചെന്ന് കർത്താവേ ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് നമുക്ക് ആ പാപക്ഷമ വാങ്ങിച്ച് കർത്താവിൻ്റെ മുമ്പാകെ നമുക്ക് വീണ്ടും ഒരു തെറ്റും ചെയ്യാത്തവരെ പോലെ നിൽക്കാനായിട്ട് ഒക്കും ദൈവത്തിന് മാത്രം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം കഴിയുന്ന ഒരു കാര്യമത് ദൈവം എന്തോ ചെയ്യും എപ്രായർ കഴിയുന്ന ലേഖനം എട്ടാം അധ്യായത്തിലും പത്താം അധ്യായത്തിലും രണ്ട് വട്ടം ആവർത്തിച്ചു വരുന്ന വാക്യങ്ങൾ നമുക്കറിയാം എന്താ ദൈവം നമ്മൾ പാപങ്ങൾ നമ്മളേറ്റു പറഞ്ഞാൽ അത് ക്ഷമിക്കുക മാത്രമല്ല പിന്നെ അവിടെ ചെയ്യും അത് മറന്നുകളയുകയും ചെയ്യും മറന്നുകളും ചെയ്യും അപ്പോൾ പിന്നെ അടുത്ത തവണ വന്ന് ചോദിക്കുമ്പം ദൈവം പഴയതിൻ്റെ ഒരു കണക്ക് സൂക്ഷിച്ചിട്ടില്ല മോനെ മോനെ നീ ഇപ്പോൾ ഇത് പന്ത്രണ്ടാമത്തെ വട്ടമാണ് എന്ന് പറയുകയില്ല കണക്കില്ല കണക്കില്ല കാര്യം ഓരോ തവണ കഴുകപ്പെട്ട് കഴിഞ്ഞും എന്താണ് ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യം അതേസമയം നമ്മളോ നമ്മളാണെങ്കിൽ ഒരാൾ നമ്മളോട് രണ്ട് വട്ടം തെറ്റ് ചെയ്താൽ മൂന്നാമത് കയറി വരുമ്പോൾ നമുക്ക് ആ പഴയ ഓർമ്മയുണ്ട് ദൈവം എന്തില്ല ദൈവം ആ ഓർമ്മ സൂക്ഷിക്കുന്നില്ല അവിടുന്ന് അത് സൂക്ഷിക്കാതിരിക്കാൻ ചൂസ് ചെയ്തു നോക്കുക അതിൻ്റെ അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയും ഇല്ല പത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അതുകൊണ്ട് ആ അതുകൊണ്ട് ഏഹ് ഓ പൗലോസ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചില ആത്മകഥം പോലെ പരസ്പരം കോൺട്രഡിക്റ്റ് ചെയ്തൊക്കെ ചിലതൊക്കെ പറയും ഓ പൗലോസ് ചിലപ്പോൾ പറയും ആകെയാൽ നാം എന്ത് പറയേണ്ടു ഏഹ് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഏഹ് കൃപയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്നേച്ച് പൗലോസ് ചോദിക്കുക റോമർ ആറിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ചോദിക്കുക കൃപയെക്കുറിച്ച് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ആകെയാൽ എന്ത് ആകെയാൽ നാം എന്താണ് പറയേണ്ടത് കൃപ വരുകതിന് പോയി പാപം ചെയ്തു എന്നാണോ ഒരു നാൾ വരുത് ഒരു നാൾ വരുത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് നമുക്ക് പാപക്ഷമ പ്രാപിച്ച് ദൈവത്താലുള്ള കഴുകൽ പ്രാപിച്ച് ധൈര്യത്തോടെ നമുക്ക് ഇതിലേക്ക് വരാം അത് ഒരു ലൈസൻസായിട്ട് എടുക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് മറിച്ച് ദൈവസന്നിധിയിൽ അവിടെ നിന്ന് നമ്മളെ മക്കളായിട്ട് കണ്ടു നമ്മുടെ ഒരു പെർഫെക്ഷൻ നോക്കിയിട്ടല്ല നമ്മളെ മക്കളായിട്ട് സ്വീകരിക്കുന്നു കഴിഞ്ഞൊരു ദിവസം ഒരു സുശേഷ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രിയപ്പെട്ടവനെന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം പല സഭകളിൽ പോവുകയും പല മീറ്റിങ്ങുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്ന ആളാണ് എന്നിട്ട് അദ്ദേഹം ആളുകളെ കൊണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ എഴുതി വാങ്ങിപ്പിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അച്ചടിച്ച ഒരു ഫോർമാറ്റുണ്ട് ആളുകളുടെ കൈ കൊടുത്തിട്ട് നിങ്ങൾ അദ്ദേഹത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളിന്ന് മരിച്ചുപോയാൽ നിങ്ങൾ സ്വർഗത്തി ചെല്ലും എന്നുറപ്പുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ പൂരിപ്പിച്ച് കിട്ടിയത് പലതും എടുത്ത് തന്നെ കാണിച്ചിട്ട് പറഞ്ഞു കണ്ടോ ഇതിൻ്റെ അകത്ത് ഇത് ഇന്ന പാസ്റ്റർ ആളിൻ്റെ പേരെഴുതണം ചിലർ പാസ്റ്റർമാർ ചിലർ സഭയിൽ വർഷങ്ങളായിട്ടുള്ള ആളുകൾ അവരിൽ ചിലർ എഴുതിയിരിക്കുന്നു ഉറപ്പില്ല ഉറപ്പില്ല സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പില്ല വേറൊരാൾ എഴുതിയിരിക്കുന്നു ഒരു സഹോദരി എഴുതിയിരിക്കുന്നു അവളാണ് ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് അവൾ എഴുതിയിരിക്കുന്നു മേ ബി പോയെന്ന് വരാം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ സഭയോ വന്ന് നമ്മൾ ഇതുപോലൊരു ഫോർമാറ്റ് തരിക നിങ്ങൾ ഇന്ന് സ്വർഗത്തിൽ പോകും ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്നുറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ടാണല്ലോ നമ്മളെപ്പോഴും ജീവിക്കുന്നു നമ്മൾ സത്യസന്ധമായിട്ട് എഴുതുന്നത് ചിലപ്പോൾ പോയേക്കും എന്നാണോ അതോ പോകും എന്നാണ് പോകും എന്ന് തന്നെ നമ്മൾ എഴുതണം ഞാൻ പറഞ്ഞത് എഴുതാൻ വേണ്ടി പറഞ്ഞതല്ല നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ഉറപ്പുണ്ടാകണം നമ്മൾ ഈ വിശുദ്ധിയെക്കുറിച്ചൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചല്ല ഈ റിലേഷൻ എന്നുള്ള കാര്യം ആഴത്തിൽ വരണം ആ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് മാത്രമേ വിശുദ്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാവൂ ഇല്ലെങ്കിൽ നമ്മുടെ അടിത്തറ ആരെയും മാറ്റിക്കളയും പിശാച മാറ്റിക്കളുകയും നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതം ഒരു ഭാരപ്പെട്ട ജീവിതമായി തീരുകയും തലവേദന ഏ തലവേദന ക്രിസ്തീയത അങ്ങനൊരു വാക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ വേണമെങ്കിൽ നമുക്ക് അങ്ങനൊരു വാക്കുണ്ടാക്കാം നമ്മളീ പലരുടെയും ജീ മോഹത്തേക്ക് നോക്കിയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ഭാരപ്പെട്ട ക്രിസ്തീയ ജീവിതമാണ് ഇതിനെല്ലാം കേട്ടോ ഇപ്പോൾ അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മളതിൻ്റെ അതിൻ്റെ അർത്ഥം നമ്മളിതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നല്ല പക്ഷേ നമുക്കൊരു ഉറപ്പുണ്ടാകണം ദൈവം നമ്മുടെ പിതാവാണ് അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നു ഇന്ന് നമ്മളെ നമ്മൾ മരിച്ചാൽ അവിടുത്തെ രക്തത്താൽ കഴുകപ്പെട്ട് അവിടുന്ന് കാൽവറയിൽ നമ്മളെ സമ്പാദിച്ചു ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടിയപ്പോൾ റോമാലേഖനം ഒമ്പതാം അധ്യായത്തിൽ നിന്ന് ഈ കാര്യമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവം നമ്മളിതൊരു യാദൃച്ഛികതയല്ല ഇവിടെ വന്നേക്കുന്നു മറിച്ച് എന്താ ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു ദൈവം അത് മുൻകണ്ടു നിർണയിച്ചു ആ നിലയിൽ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു ആ ഒരു ഉറപ്പും പ്രാഗൽഭ്യവും നമുക്ക് വേണം അങ്ങനെ ഉള്ള ഒരു പിതാവിൻ്റെ മക്കളായിരിക്കുമ്പോൾ ആ പിതാവിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെന്തു ചെയ്യുന്നത് വിശുദ്ധിയെ തികയ്ക്കുന്നത് അല്ലാതെ അവിടുത്തെ മക്കളാകാൻ വേണ്ടിയല്ല നമ്മളെന്ത് ചെയ്യുന്നത് വിശുദ്ധിയെ തികയ്ക്കുന്നത് മക്കളാകാൻ വേണ്ടിയല്ല നമ്മൾ പിന്നെയും പിന്നെയും മാനസാന്തരപ്പെടുന്നത് മക്കളാകാൻ വേണ്ടിയല്ല നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്നത് നമുക്കെപ്പോഴും മക്കളാണെന്നുള്ള ഉറപ്പുണ്ടാകണം ഞാൻ അവിടുത്തെ മകനാണ് മകളാണ് എന്നിട്ടും ഞാൻ ഇന്നിന്ന ഭാഗങ്ങളിൽ തെറ്റിപ്പോയിട്ടും എൻ്റെ സ്നേഹവാനായ പിതാവ് എന്നെ കൈവിട്ടില്ലല്ലോ എന്നുള്ളൊരു നന്ദിയാണ് അടുത്ത തവണ തെറ്റു ചെയ്യാതിരിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കേണ്ട ഒരു കാര്യം നമ്മൾ സാഗ്ബറ് പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവർ ഒരു വീട്ടിൽ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരപ്പനും അമ്മയ്ക്കും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർ വിചാരിച്ചു ഈ നമ്മൾ രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളല്ലോ നമുക്ക് അനാഥാലയത്തിന് ഒരു കുഞ്ഞിനെക്കൂടെ ദത്തെടുത്തേക്കാം എന്ന് വിചാരിച്ചു അവങ്ങനെ അവർക്ക് എന്ത് കിട്ടി മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ സങ്കല്പിക്കുക ഈ ദത്തെടുക്കപ്പെട്ട കുഞ്ഞ് നമ്മളാണ് എന്ന് സങ്കല്പിക്കുക നമ്മളവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ മൂത്ത രണ്ട് കുട്ടികളുടെ ആ ഒരു പ്രാഗൽഭ്യം അവരുടെ ഒരു അവകാശബോധം ഈ ദത്തെടുത്ത കുട്ടിക്ക് പലപ്പോഴും ഉണ്ടോ ഇല്ല അവനൊരു പേടിയ അയ്യോ ഞാനെന്താ അവന് ഓർമ്മ കിടക്കുക അയ്യോ ഞാനെന്താ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തതാണ് ഇവരുടെ ഇവരുടെ സ്വന്തം കുട്ടികളല്ല മൂത്ത രണ്ട് കുട്ടികൾ ഇതിനേക്കാളും കുസൃതി കാണിക്കുന്നു പക്ഷേ അവർക്കെന്തില്ല അവർക്ക് ഈ അപ്പനും അമ്മയും ഞാൻ മോശമായിട്ട് പെരുമാറിയോണ്ട് എന്നെ ഉപേക്ഷിച്ച് കളയുമെന്ന് അവർക്ക് പേടിയില്ല കാര്യം അവർക്കറിയാം ഇവരുടെ മക്കളാ ഞങ്ങളെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ല എന്നാൽ ഈ ദത്തെടുക്കപ്പെട്ട കുഞ്ഞിൻ്റെ പേടി എന്താ അയ്യോ ഞാൻ മോശമായിട്ട് പെരുമാറി ഇനിയും ഇങ്ങനെ പിന്നെയും പിന്നെയും മോശമായിട്ട് പെരുമാറിയാൽ എന്നെ തിരിച്ചങ്ങ് അനാഥാലയത്തിൽ കൊണ്ട് വിട്ടുകളയുമോ എന്നൊരു പേടി ഈ കുഞ്ഞിന് ദത്തെടുക്കപ്പെട്ട കുഞ്ഞിന് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ അവൻ ആ വീട്ടിൽ കഴിയുന്നെങ്കിലും മൂത്ത രണ്ട് കുട്ടികളുടെ അത്രയും ഒരു അവകാശബോധം അത്രയും ഒരു സന്തോഷം അത്രയും അപ്പനോടും അമ്മയോടും ഒരു അടുപ്പം അവന് പലപ്പോഴും തോന്നാതിരിക്കും പ്രിയ സഹോദര സഹോദരി ഞാനും നെയ്യും ക്രിസ്തീയ ഭവനത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടവരാണോ അതോ ഇവിടെ ജനിച്ചവരാണോ ദത്തെടുത്തപ്പെട്ടു എന്നുള്ള ഒരു അരക്ഷിതബോധമുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് വേണം അതിൽ നിന്നും മാറണം എഫ് എ സി ലേഖനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നമ്മൾ വളരെ വ്യക്തതയോടെ ഈ കാര്യങ്ങൾ കാണുന്നുണ്ട് എഫ് എ സി ലേഖനം ഒന്നാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടുന്ന് നമ്മളെ കണ്ടതാണ് രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അതിൻ്റെ തൻ്റെ വാത്സല്യത്തിൽ ക്രിസ്തുവേശു ആറാമത്തെ വാക്യം ക്രിസ്തു വേശ്യയിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങൾ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോട് ഉയരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയേ ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല ഇവിടെ പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്ലീസ് ചെയ്യാം പ്ലീസ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും അത് ആ അതിനെ തുടർന്ന് നമുക്ക് വലിയ ഒരു അരക്ഷിതബോധമായി വരുന്നു മറിച്ച് നമ്മളവിടുത്തെ മക്കളാണ് ദൈവത്തിൻ്റെ മകനാണ് മകനാണ് മകളാണ് ആ ഒരു അടിത്തറ മാറിപ്പോകാതെ ഇരുന്നാൽ നമുക്ക് വീണ്ടും വീണ്ടും പിതാവിൻ്റെ അടുത്തേക്ക് തെറ്റ് ചെയ്ത കുട്ടി ഒരു ഒരു ഒരു കൊച്ചു കുഞ്ഞ് കൊച്ചു കുഞ്ഞ് വീണാൽ നിലത്ത് വീണാൽ അത് സ്വാഭാവികമായിട്ട് എന്തുവാ വിളിക്കുന്നത് അമ്മെന്നാണ് വിളിക്കുന്നത് അല്ലാതെ കുട്ടി ഉടനെ ഇരുന്ന് ആലോചിക്കുക ഞാൻ വീണു ഞാനിത് എത്രാമത്തെ വട്ടമാണ് വീണത് അമ്മ എന്നോട് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ വീണല്ലോ അതുകൊണ്ട് ഇനി എനിക്ക് അമ്മയെ വിളിക്കാനായിട്ട് ഒരു പ്രാഗൽഭ്യമില്ല എന്നല്ല ഒരു ബന്ധമുള്ളത് കൊണ്ട് കുട്ടി എന്തോ ചെയ്യും ഓരോ തവണ വീഴുമ്പോഴും അമ്മയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചെല്ലും പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ദൈവത്തിനൊരു അമ്മയുടെ മനസ്സോ അപ്പൻ്റെ മനസ്സോ ആണുള്ള ഞാനിത് എങ്ങനെയൊക്കെ പറഞ്ഞു തരണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ വില്യം ബാർക്കിലെ എന്ന് പറഞ്ഞൊരു ദൈവഭൃത്തേനുണ്ടായിരുന്നു വില്യം ബാർക്കിലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു ഒരു അമ്മ ഒരു അമ്മ അമ്മയുടെ ഏക ആ മകൻ പട്ടാളത്തിൽ പോയി പട്ടാളത്തെ യുദ്ധം ചെയ്ത് യുദ്ധ മുന്നണിയിലായിരുന്നപ്പോൾ അവ മരിച്ചുപോയി അമ്മ വളരെ ദുഃഖിതയായി ദുഃഖിതയായ ഈ അമ്മ ആ ഇരുന്ന് പ്രാർത്ഥിച്ചു കഥയാണേ കഥയിൽ ചോദ്യമില്ല കഥയിൽ ചോദ്യമില്ല അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കെൻ്റെ ആ മോനെ ഒരു വട്ടം കൂടെ ഒന്ന് കാണണം ഒരു വട്ടം ഒറ്റവട്ടം ഏതായാലും മരിച്ചുപോയി ഞാൻ സമ്മതിച്ചു അത് ആക്സെപ്റ്റ് ചെയ്തു ഒരു വട്ടം കൂടെ എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഉടനെ ദൈവം എന്ത് ചെയ്തു ദൈവം കരുണ തോന്നി ഒരു ദൂതനെ അവളുടെ അടുത്തേക്ക് അയച്ചു ദൂതം വന്നിട്ട് പറഞ്ഞു നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിൻ്റെ കുഞ്ഞിനെ ഒരു വട്ടം കൂടെ കാണിക്കാം ഏത് എങ്ങനെയാണ് കാണിക്കേണ്ടത് അവന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സ് വരെ ജീവിച്ചല്ലോ ഇതിൻ്റെ അകത്തെ ഏത് രംഗമാണ് നിനക്ക് കാണേണ്ടത് എന്ന് ചോദിച്ചു എന്നിട്ട് ദൂതം പറഞ്ഞു ആ എസ് എൽ സിക്ക് അവന് ഫസ്റ്റ് ക്ലാസ് കിട്ടി എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടി എല്ലാ വിഷയത്തിനും ഇപ്പോൾ എ പ്ലസ് കിട്ടിയാലൊക്കെ ഫ്ലെക്സ് ബോർഡൊക്കെയാണ് സ്ഥാപിക്കുന്നത് ഏ ആ അന്ന് ഇവൻ്റെ ഫ്ലെക്സ് ബോർഡൊക്കെ സ്ഥാപിച്ചു അവനെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ കൂടെ അഭിനന്ദിച്ചൊരു മീറ്റിങ്ങിൽ അവന് മെഡല് കൊടുക്കുന്നു മെഡല് കൊടുത്തപ്പോൾ നീ ഒന്നാമത്തെ ആ റോയിൽ സന്തോഷത്തോടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് കയ്യടിച്ചുകൊണ്ടിരിക്കുന്ന ആ രംഗം കാണിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു അത് വേണ്ടെന്നു പറഞ്ഞു ആ വേണ്ട അപ്പം പറഞ്ഞു നിനക്ക് അവന് അവിടുത്തെ പട്ടാളത്തിൽ ചേർന്നപ്പോൾ അവന് ഒരു ഓഗസ്റ്റ് പതിനഞ്ചിനോ റിപ്പബ്ലിക് ദിനത്തിനോ അവന് ഏറ്റവും നല്ല രാഷ്ട്രപതിയുടെ സേവാ മെഡൽ കിട്ടി അതിൻ്റെ ടി വിയിൽ വന്നപ്പോൾ നീ ഫ്രണ്ടിലിരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഭാഗം തരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അമ്മ പറഞ്ഞു വേണ്ട വേണ്ട പിന്നെ ഏത് വേണമെന്ന് ചോദിച്ചു ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാനും മോനും കൂടെ ഇങ്ങനെ പോകുമ്പോൾ അവൻ എന്നോട് വഴക്കുണ്ടാക്കി മുമ്പിലോടി ഞാൻ പറഞ്ഞ കേൾക്കാതെ മുമ്പിലോടി ഓടി മോനെ വീഴും ഞാനാ എന്നോട് പറഞ്ഞത് വീഴുമെന്ന് ഞാനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവനത് കേൾക്കാതെ ഓടിച്ചെന്ന് വീണേച്ച് വീണ് ചാ വീണ് ആ മണ്ണും ഒക്കെ പറ്റി വലിയ വായിലെ നിലവിളിച്ചാൽ എൻ്റെ അമ്മേ എന്നും പറഞ്ഞ് അടുത്തോട്ട് തിരിച്ചു വന്ന ആ ഒരു രംഗമുണ്ടല്ലോ അതൊന്ന് കാണിച്ചാൽ വില്യം പാർക്കിളെ പറയുന്നത് എന്താ വില്യം പാർക്കിലെ പറഞ്ഞത് ഏത് അപ്പൻ്റെ അമ്മയുടെയും ഹൃദയമെന്ന് പറയുന്നത് തങ്ങളെ പിള്ളേർക്ക് ആവശ്യമുള്ള ഒരു ഭാഗം ഒരൊറ്റ രംഗം കാണിക്കണമെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മെഡല് കൊടുത്തപ്പം അമ്മ അവിടെ ഇല്ലെങ്കിലും പ്രശ്നമില്ല അമ്മയുടെ പ്രസക്തി അവിടെ ഇല്ല അമ്മയുണ്ട് സന്തോഷം കൈയടിക്കുന്നു കൊള്ളാം ടി വിയിൽ രാഷ്ട്രപതിയുടെ സേവാ അവൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷഭരിതമായ രംഗത്ത് നിൽക്കുക പക്ഷെ അമ്മ അവിടെ എന്തല്ല അമ്മ അവിടെ ഒരു ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമല്ല എന്നാൽ ഈ രംഗത്തോ വീണ് നിലവിളിച്ച് സ്വാതന്ത്ര്യത്തിനായി കേണ് കുഞ്ഞിന് മുമ്പിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് വന്ന് പറയുക അമ്മയ്ക്ക് പകരം ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞു പറയും താങ്കൾ പോയി പണി നോക്കി എനിക്ക് അമ്മയുടെ ആശ്വാസമേ എനിക്ക് മതി അമ്മയ്ക്ക് മാത്രമേ അവനെ ആശ്വസിപ്പിക്കാനൊക്കെ ഉള്ളു അമ്മ മാത്രമാണവിടെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകം പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ഒരു പിതാവിൻ്റെ മനസ്സാണ് ഒരു മാതാവിൻ്റെ മനസ്സാണ് ഞാനിന്ന് ഈ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് ചെല്ലുന്ന ഒരു നിമിഷം അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എന്താ ദൈവം അത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു ആ ഒരു നിമിഷത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയാൻ നമ്മുടെ കഴിഞ്ഞ കാലത്തെ ഒരു ആയിരം പരാജയങ്ങൾ പോലും അതിനൊരു എക്സ്ക്യൂസായി പോകല്ലേ നമ്മൾ സമയം പോകുന്നല്ലോ പ്രിയപ്പെട്ടവരെ നമുക്ക് കേട്ട കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം